അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമുഖർ പറഞ്ഞു ഇവൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് അവൻ നിങ്ങളുടെ മേൽ ശ്രേഷ്ഠനാകാൻ ആഗ്രഹിക്കുന്നു ലോഹുസുഭാനഹൂവത്ത ആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മലക്കുകളെ ഇറക്കുമായിരുന്നു നമ്മുടെ മുൻഗാമികളായ പിതാക്കന്മാരുടെ ഇടയിൽ ഇങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല